ചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ തുന്തിലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം तस्मै श्री ശ്രീഗുരവേ നമ मूर्ति भेद ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവത്വ്യാതദേഹ ദക്ഷിണമൂർത്തമദ്യം നി കരചരണം നാമഗോത്രം സൂത്രം നോജാതിന് വർ നവത്തി പുരുഷോ നസം സ്ത്രീ ം നി ജനിമരണസ്തി പുണ്യം നാപം തം നോ തും സഹജ സമരസം സദ്ഗുരും തം നമു സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യം വന്േ ഗുരുപരം പരാം മൗനവ്യഖ്യ പ്രകടിച്ചപരബ്രഹ്മത്തം യുവാന വർഷിട്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തിമാരാമം മുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയേ ശാ സിന്നനഗേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാ ഭഗവത്പാദിതിഭ്ര തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണയോധാത്മനി അപാരസച്ചിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദ ച ചിന്തയാഹം മൃണ്മയവ്ജടാത്മകമഹം ബുദ്ധി നാഹം തദ്ധാത്മസദ്ഭാവത്ത कोहम भावुत कुया दृष्ट्वात्नष्ठात्म सोहम स्फूर्ति अरुणाचलशिव पूर्णो विभाति स्वयं करुणापूर्णसुधे कबल्घन विश्व किल्याचल अणो चिंतुविकाय ്യരുചലസം ഭൂ സ്ഥിവാം ഹൃദ്യഹമത്മതയാ ഭോ തേ വദി ഹൃദയം നമ അഹമതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യസ്വം ൂപ്പം ശാമ്യരുണാചല നദീവാബൗ തയക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്തസ്വാം ധ്യശ്യോദിരി അരുണാചലത്യി മഹീയം തേ ത്വ്യർപ്പനസം പശ്യൻ സർ തവാതികയാതജത്തെ അനന്യീയാജയത്രുണാചലത്വി സുഖേ മഗ്ന हृदयकुरमध्ये कव ब्रह्म्यहमहति साक्षा आत्मेण भाति हृदन स्व चिंवता मज्जता पवनचलन आत्मनिष्टो यस्ज्जाद यस्मिन्नेव यस्लय एनेदं धार्यते एनेदते चमै ज्ञानात्मने नमह प्रज्ञानं शुप्रदान स्थिचलव्याभव्याप्यलोकान भुक्ता भोगास्तुन धीषणोद भासीताम पीछा सर्वान्शेषास्वीति मधुरभुमायया भोजयन अहम ഖ്യീയം പരമ അമൃതം അജം ബ്രംഹ യന്നോസ് അരുണാചലശിരോദ്ഭൂതസമ്പ്രദായ പ്രവർത്തക കരുണാർണവീഡേതം രമണാഖ്യമഹം അഹഹ അരിവിലുമേരി അരിഞ്ഞിടുന ഉരുവിലുമൊത്തു പുറത്തു മുജ്ജലിക് കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരേ വീണു വണങ്ങിയോതിടേണം അതുമല്ലസതർമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായമർന്നിടേണം സത്സംഗം വളരെ വളരെ മൃദുവായിട്ടുള്ളൊരു വിഷയാണ് മൃദു എന്ന് വെച്ചാൽ അഭിമാനത്തിന്റെ ചെറിയ ചലനം പോലും സത്സംഗത്തെ ദുസ്സംഗാക്കി മാറ്റും അതുകൊണ്ട് തന്നെ സത്സംഗത്തിന് ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്നത് വക്താവ് പൃച്ഛകൻ ശ്രോതാവ് എന്ന് പറയും ഈ പൃച്ഛകന്റെ എന്നുവെച്ചാൽ നടത്തിപ്പുകാരുടെ ഭാവനയിലുള്ള സത്വഗുണം വളരെ പ്രധാനമാണ്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 സത്സംഗം എന്ന് പറയണത് വിവേകപ്രധാനാണ് യാഗം ചെയ്യുമ്പോൾ അഗ്നി കടഞ്ഞെടുക്കണത് അരണിക്കോലുകളിലൂടെയാണ് പൂർവാരണി ഉത്താര ഉത്തരാരണി എന്ന് പറഞ്ഞ് മുകളിലൊരണിക്കോല് വെച്ച് ചുവട്ടിലൊരു അരണിക്കോല് വെച്ച് രണ്ട് അരണിക്കോലുകളും കൂടെ കൂട്ടി ഒരശുമ്പോ അതിൽ നിന്നും വരുന്ന അഗ്നി അരണിക്കോലുകളെ തന്നെ ഇല്ലാതാക്കിയിട്ട് യാഗാഗ്നിയായിട്ട് ജോലിക്കും ഇത് ഭാഗവതത്തിൽ വരുന്ന ഉദാഹരണമാണ് इत गुरदेवन आत्मोपदेशक अतीव गंभी ऋषिकुत्रवाधतोड़े आत्मोपदेशतकें भागवत आचार्यो अरणिराद्य स अंतेवाुतरणि तत्सधान प्रवचनम विद्यासंधि नारायणीय भटदिरी अग्रह आचार्याख्यधरस्थारिमुम शिष्यसोण्यावेदोद्भासीतेन स्फुटतरपरीबोधाग्निना वासना പിന്നെന്താ തനു കൃത ഭുവനകാന്താരപൂരേ അല്ലെ ശരിയല്ലേ ദാഹ്യാഭാവേന വിദ്യാശിഖിനിച്ച വിരത്തെ ത്വന്മ ഈ കല്ലു അവസ്ഥ എന്നാണ് നാരായണി ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലെ സത്സംഗം എന്താണെന്ന് പറഞ്ഞപ്പോ ഈ എതിർച്ച അങ്ങോട്ട് ഈ ശ്ലോകങ്ങളുടെ ഓർമ്മ വന്നു എൺപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലെ അരണികടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ ഇരുന്നതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുമാ ഭായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം അരണികടഞ്ഞഴും അഗ്നി പോലെ ഈ അരണികടഞ്ഞെഴുന്നേൽക്കുന്ന ഉദിക്കുന്ന അഗ്നി പോലെ ഇവിടെ രണ്ടുപേരൊന്നും ഗുരുദേവൻ പറഞ്ഞില്ല ഗുരു എന്നും ശിഷ്യനെന്നും ആചാര്യനെന്നും ആചാര്യനെന്നും ശിഷ്യനെന്നും ഒന്നും പറഞ്ഞില്ല ആരായവർ ആരായുക എന്നുള്ളത് ഗുരുദേവൻ ഇഷ്ടമുള്ള ഒരു വാക്ക അകമയ്ക്ക് അന്വേഷിക്കുക അന്വേഷണം എന്ന് പറയുമ്പോ വിചാരപ്രധാനം എന്നുള്ളതിനേക്കാളും കൂടുതൽ ശ്രദ്ധാപ്രധാനാണ് ദയവ് ചെയ്ത് എഴുതരുത് എഴുതിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും ആദ്യമേ അതാണ് പറയുന്നത് ക്ലാസ് അല്ല ശ്രവണം ചെയ്യുമ്പോ നമ്മൾക്ക് എന്ത് കിട്ടണോ അത് എഴുതിയാൽ നമ്മളുടെ ശ്രദ്ധ ഒബ്ജക്റ്റീവ് ആവും നമ്മൾ പിന്നീട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാണ് എഴുതണത് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ കിട്ടിയാലേ ഉള്ളൂ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല എഴുതുക എന്നുള്ളത് നമ്മുടെ സമ്പ്രദായകല്ല എഴുതുന്നത് കൊണ്ട് എനിക്ക് കുറ്റ ദോഷം ഉണ്ടായിട്ടല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല ശ്രവിക്കാം അതും ശരണാഗതിയോട് ശ്രവിക്കാം മനസ്സിലാവണമെന്ന് മനസ്സിലാവട്ടെ ഇല്ലെങ്കി വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്ക ലാഘവത്തോടെ കേൾക്ക എത്ര ഹൃദയത്തിൽ പോണു അത്ര കണ്ട് ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുക പല സ്ഥലങ്ങളിലും ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആത്മോപദേശ ശതകത്തെ തന്നെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് തന്നെ മറ്റൊരു സ്ഥലം അഹമഹമെന്ന് അരുളവതൊക്കെ ആരായുകിൽ അതുപോലെ ജനനീ ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവുമ്പാരായിടുന്നു അവിടെയും ഈ ആരായിക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുകയാണെങ്കിൽ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 സത്സംഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ എന്നൊരു ശക്തി ഈ ശ്രദ്ധ എന്താന്ന് വെച്ചാൽ കേൾക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ശ്രദ്ധ കേൾക്കുന്നത് കൊണ്ട് മാത്രം പുറമേ എന്തെങ്കിലുമൊക്കെ വസ്തു കിട്ടാനുണ്ടെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് കിട്ടില്ല ഇവിടെ പുറമേ നിന്നൊന്നും കിട്ടാനില്ല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 ആദ്യം എങ്ങനെയാ തുടങ്ങാം അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം നമ്മുടെ സത്സംഗത്തിലിരിക്കണു എന്തറിയാനാണ് എന്ന് വെച്ചാൽ ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഒരു മറവാൽ ഉണർന്നിതെല്ലാം അറിവവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയയാരറിയുന്ന ഹോ വിചിത്രം ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പൊ തുടങ്ങണത് നമ്മൾ നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണത നമ്മൾ അന്വേഷിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മജ്ഞാനം മുക്തി നിർവാണം സ്വാതന്ത്ര്യം പുറമേ നിന്ന് കിട്ടേണ്ട ഒരു വസ്തുവാണെങ്കിൽ അതിന് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ വേണം മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയൊക്കെ ബലത്തിനെ ആശ്രയിച്ചിരിക്കും പുറമേ വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ നമ്മൾ അന്വേഷിക്കണ വസ്തു അന്വേഷിക്കുന്നവനിൽ തന്നെ ഉണ്ട് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഒരിക്കൽ രമണ ഭഗവാന്റെ രമണ മഹർഷിയുടെ മുമ്പിലിരുന്ന ഒരാള് കുടുംബ വിഷയങ്ങളൊക്കെ പറഞ്ഞ് കരയായിരുന്നു കുറെ നേരം കരഞ്ഞു മഹർഷി ഒന്നും ഉത്തരം കൊടുത്തില്ല ഞാൻ നിശ്ചലമായിട്ടിരുന്നു മൗനമായിട്ടിരുന്നു ഇയാൾ ഇങ്ങനെ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭക്തൻ പറഞ്ഞു സകല ദുഃഖങ്ങൾക്കും പരിഹാരമായ ഒരു ജീവൻ മുക്തന്റെ മുമ്പിൽ ഇരുന്ന് ജ്ഞാനിയുടെ മുമ്പിലിരുന്ന് നിങ്ങളിങ്ങനെ കരയണത് കാണുമ്പോ ഗംഗയുടെ തീരത്തിലിരുന്ന് എനിക്ക് ദാഹം ദാഹം എന്ന് പറഞ്ഞ് കരയുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മുരുകനാർ എന്ന് പറയുന്ന ഒരു തമിഴ് പണ്ഡിതൻ അദ്ദേഹം കവിത ചൊല്ലിട്ട് പറഞ്ഞു ഒഴിവിലൊടുക്കത്തിലോ മറ്റോ ഉള്ളോ ഒരു പാട്ടാണ് ചൊല്ലിട്ട് പറഞ്ഞു കഴുത്തിന് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് കണ്ഠം വരെ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ദാഹം എന്ന് പറയണ പോലെ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ രമണ മഹർഷി പറഞ്ഞു അപ്പടിയില്ല പോയി അങ്ങനെയല്ലാതെ കാര്യം ഗംഗയെ ചൊല് എനിക്ക് ദാഹം ഗംഗ തന്നെ പറയണു എനിക്ക് ദാഹം ദാഹം എന്ന് പറയണു സ്വയമേവ താൻ തന്റെ ദുഃഖത്തിന് പരിഹാരമായി ഇരുന്നിട്ടാണ് തന്റെ ദുഃഖത്തിന് പരിഹാരം എവിടെ എന്ന് അന്വേഷിക്കണത് അതുകൊണ്ടാണ് അരണികടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ അതിരറ്റഴും വിവേകം ആരായുന്നവനിൽ തന്നെ ആ വിവേകത്തിനൊരതിരില്ല നമ്മളുടെ ബുദ്ധിക്ക് അതിരുണ്ട് മനസ്സിന് അതിരുണ്ട് എന്താന്ന് വെച്ചാൽ മനസ്സും ബുദ്ധിയും ഈ വ്യക്തി തലത്തിൽ മണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ളതാണ് पक्षे विवेक निल वैशारदी बुद्धि भागवत वैशारदी विशुद्धबुद्धि धुनोतिमायां गुणसूता अवड़े अरणी ते उदाण अज्ञान ने आज्ञान स्वयं चामम्यती असमित यथाग्नि ഈ ശ്ലോകം ചൊല്ലുമ്പോ അതിനോടൊപ്പം അതൊക്കെ എങ്ങനെ വരണ്ട അരണികടഞ്ഞഴും അഗ്നി പോലെ ആരായവരിൽ എന്ന് വച്ചാൽ നിങ്ങൾ ഓരോരുത്തരിലും എന്നിലും ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോ അതുകൊണ്ടാണ് പറയുന്നത് അട്രസ്റ്റ് ശ്രദ്ധ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തൊരു വിശ്വാസം നമ്മളിൽ ആ ശ്രദ്ധാശക്തി ഉണ്ടെന്നും അത് നമ്മൾ അന്വേഷിക്കുന്ന ആ സത്യത്തിനെ നമുക്ക് പ്രകാശിപ്പിച്ചു തരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഇരുന്നുകൊണ്ട് വേണം സത്സംഗത്തിൽ കേൾക്കാൻ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയാത്തതുപോലും നിങ്ങൾക്ക് പ്രകാശിക്കും അത് അതുകൊണ്ടാണ് ഈ എഴുതുക മനസ്സിലാക്കുക എന്നുള്ളതിനു വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയുന്നത് കേട്ടാ മതി ശ്രവിച്ചാൽ മതി എപ്പോഴെങ്കിലൊക്കെ ശ്രവിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രോതാവിലയ്ക്ക് ശ്രദ്ധ തിരിയലാണ് സത്സംഗം അല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കലല്ല ആത്മോപദേശ ശതകം തുടങ്ങുമ്പോ തന്നെ ഗുരുദേവൻ പറഞ്ഞു അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ അറിവെന്ന് വെച്ചാൽ സാധാരണ വിഷയജ്ഞാനമാണ് വിഷയജ്ഞാനത്തിൽ നിന്നും ഏറി എന്ന് വെച്ചാൽ പലരും പല അർത്ഥം പറഞ്ഞിട്ടുണ്ടാവും കടന്ന് ട്രാൻസെന്റ് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് അറിഞ്ഞിടുന്നവന്റെ ഉരുവ് എന്ന് വെച്ചാൽ ശ്രുതിയുടെ സമ്പ്രദായം തന്നെ അങ്ങനെയാണ് ഉപാസനക്ക് ശേഷം അവസാന ശ്രുതി പറയണം നീ ഉപാസിക്കണതല്ല ബ്രഹ്മം ഏതൊന്നും ഉള്ളതുകൊണ്ടാണോ ഈ ഉപാസന നടക്കുന്നത് അതാണ് ബ്രഹ്മം എന്ന് ശ്രദ്ധയെ ഉപാസകന്റെ അസ്തിത്വത്തിൽ തിരിച്ചുവിടുകയും ആ അസ്തിത്വമാത്രമായ പ്രജ്ഞയെ പ്രത്യഭിജ്ഞാജ്ഞാനം കൊണ്ട് തെളിവാക്കുകയും ചെയ്യുകയാണ് സമ്പ്രദായം അപ്പോ സത്സംഗത്തിന് തുടങ്ങുമ്പോ നമ്മളിപ്പോൾ ഒരു അരണി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 നമ്മളുടെ തന്നെ അസ്തിത്വത്തിനെ നമ്മളുടെ തന്നെ സത്തയെയാണ് നമ്മളിവിടെ ആരായാൻ പുറപ്പെടുന്നത് കാരണം നമുക്ക് നല്ല ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതുമാത്രമാണ് ഈശ്വരൻ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായം പറയാം ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം വിഷ്ണു പറയാം ശിവനാണെന്ന് പറയാം അള്ളാവാണെന്ന് പറയാം ക്രിസ്തുവാണെന്ന് പറയാം പക്ഷേ അവനവനെ കുറിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായ ആർക്കില്ല എല്ലാവർക്കും ഉറപ്പുള്ളത് എക്സിസ്റ്റൻസ് അസ്തിത്വം സത്ത ഉണ്മ പ്രകാശിക്കുന്നത് അവനവന്റെ ഇരുപ്പിന്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണ് ഒരു ഇരുട്ടുമുറിയിൽ ഇരുന്നാലും നമുക്ക് നല്ലവണ്ണം അറിയണ ഒരേ ഒരു കാര്യം ഞാൻ ഉണ്ട് എന്നുള്ളതാണ് ഉള്ള ആൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നാരായണ ഗുരുദേവന്റെ തന്നെ ഉദാഹരണമാണ് ഇരുളിലിരിപ്പവനാരു ചൊൽകനീയെന്നൊരുവനുരപ്പത് കേട്ടുതാനുമേപം രണ്ടുപേര് ഇരുട്ടുമുറിയിൽ ഇരുന്നാൽ രണ്ടുപേരും പരസ്പരം ആരാണ് എന്ന് ചോദിച്ചാൽ പ്രതിവാക്യമേക്കമാകും രണ്ടുപേർക്കും പറയാനുള്ളത് എന്താ ഞാനാണ് ഞാനാണ് അഹമസ്മി അഹമസ്മി അഹമസ്മി ഞാനാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിന് ഇന്ദ്രിയങ്ങൾ വേണ്ട മനസ്സ് വേണ്ട കാണണോ വേണ്ട കേൾക്കണ്ട തൊട്ടു നോക്കണ്ട ചിന്തിക്കണ്ട ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം അഹം എന്നുള്ളത് അനുഭവമാണ് ത്വം എന്നുള്ളത് അനുഭവമല്ല അവൻ എന്നുള്ളത് അനുഭവമല്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഒരു അനുഭവമല്ല പ്രപഞ്ചം പ്രതീതി മാത്രമാണ് അതുകൊണ്ട് പ്രതീതിയെക്കുറിച്ച് നമ്മളിവിടെ അന്വേഷിക്കണില്ല നിങ്ങളൊന്നും എനിക്ക് അനുഭവമല്ല നിങ്ങളൊക്കെ എനിക്ക് പ്രതീതിയാണ് അധ്യാത്മ യാത്ര ആത്മനിഷ്ഠമാണ് ആത്മനിഷ്ഠമാണ് ആത്മനിഷ്ഠമാവുന്നത് എങ്ങനെയാ ശ്രദ്ധ നമ്മളിലേക്ക് വരുമ്പോ നമ്മളുടെ ഊർജം മുഴുവൻ നമ്മളുടെ സത്തയില് കേന്ദ്രീകൃതമാകുമ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ നന്മ ഉണ്ടായിക്കോളും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ ചോദിക്കേണ്ട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 അതിതീവ്രമായി ശ്രമിച്ചവരാണ് അറിയേണ്ടതറിഞ്ഞ ശേഷം അത്ഭുതമായി അവരിലൂടെ ലോകത്തിന് എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ കിട്ടി അപ്പോ നിങ്ങൾ ഞാൻ കാണുന്നു അത് പ്രതീതിയാണ് ഇതിനെയാണ് ഗുരുദേവൻ വിഷമ എന്ന് പറയണത് എന്നെ ഞാൻ അറിയുന്നു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇത് മാത്രം അനുഭവമാണ് അതാണ് സമ പ്രതീതി ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മനസ്സ് പുറമേക്ക് പോകുമ്പോ പ്രപഞ്ചം അറിയപ്പെടുന്നു മറ്റുള്ളവരറിയപ്പെടുന്നു അന്യര് ഇതൊക്കെ ആത്മോപദേശ ശതകത്തിൽ വരുന്ന വാക്കാണ് അന്യം ഞാൻ എന്നുള്ള അഭിമാന വൃത്തി ഉദിക്കുമ്പോ നീ അവൻ എന്നുള്ള അഭിമാനവൃത്തിയൊക്കെ അതിന്റെ കൂടെ വരും മനസ് ഉദിക്കുമ്പോഴാണ് ഇതൊക്കെ ഉദിക്കണത് മനസ്സിനും പിറപ്പെടമായിട്ടുള്ള നമ്മളുടെ അസ്തിത്വം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആ അനുഭവത്തിനെ എല്ലാവർക്കും ഉള്ള അനുഭവമാണ് അഹം അഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ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 ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഏതൊന്നും ഉണ്ടോ അത് വ്യക്തിയല്ല അഖണ്ഡമായ പ്രജ്ഞയാണ് അഖണ്ഡമായ ബോധമാണ് ചിതാകാശമാണ് കൊടത്തിനകത്തുള്ള ആകാശം ഘടാകാശം അല്ല തന്നെയാണ് കൊടം ഒരു ഘടാകാശത്തിൻ്റെ പ്രതീതി കൊടുക്കണോ ഉള്ളൂ അപ്പോ നമ്മൾക്ക് അന്വേഷണം ചെയ്യാൻ വേണ്ട വസ്തു അല്ലെങ്കിൽ ഡാറ്റം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ തന്നെയാണത് ഞാൻ തന്നെയാണ് അതാണ് ആദ്യം തുടങ്ങുമ്പോ തന്നെ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി ആത്മോപദേശതകം ഏകദേശ രൂപത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങി അറിവെന്നു പറഞ്ഞു തുടങ്ങി അമർന്നിടേണം എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത് അറിവെന്ന് വെച്ചാൽ ഉടനേ നമുക്ക് തോന്നണത് പ്രപഞ്ചജ്ഞാനമാണ് ലോകം ആണ് നമുക്ക് പറയണത് അതുകൊണ്ട് അറിവെന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുക കാണുക മണക്കുക രുചിക്കുക സ്പർശിക്കുക അഭിമാനിക്കുക അധ്യവസായം ചെയ്യുക ഇതൊക്കെ നമുക്കറിയുള്ളൂ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇതിനെ അപരാപ്രകൃതി എന്ന് പറഞ്ഞു ഈ അപരാപ്രകൃതിയാണ് നമ്മളുടെ അറിവ് ഈ അറിവിനെ കടന്നാലേ നമ്മൾ അധ്യാത്മമണ്ഡലത്തിലേക്ക് കടന്നിട്ടുള്ളൂ എന്ന് ഗുരുദേവൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആത്മോപദേശ ശതകം തുടങ്ങണത് അതിനുകൊണ്ടാണ് തപസ്സിന് മരുത്വാമലയിൽ എവിടെയോ കയറി ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ വല്ല ലൈബ്രറിയിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് വായനശാലയിൽ പോയിരുന്നാൽ മതിയായിരുന്നു എന്താന്ന് വെച്ചാൽ ഈ അറിവിനെ അപരാ അറിവിൽ നിന്നും പിരിച്ചെടുത്ത് പരയിട പാല് നുകർന്ന് പതിനായിരം ആണ്ട് അല്പനേരം പോലെ കഴിക്കണമെങ്കിൽ ആ അറിവ് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവാണെങ്കിൽ മനസ്സിലൂടെയുള്ള അറിവാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല നോക്കണം